പറയുക അള്ളാഹു സുബാനഹൂവറ്റലയെ സർവ്വ ആധിപത്യത്തിൻറെ ഉടമയെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപശാലികളാക്കുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ ചെയ്യുന്നു എല്ലാ നന്മകളും നിന്റെ കൈകളിലാണ് നിശ്ചയമായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു